do uh not -huh. തത്വജ്ഞാനവും ഉണ്ടാകുന്നതുവരെ മനുഷ്യർ വിഷയങ്ങളിൽ വിരക്കി ഉണ്ടാകുന്നില്ല അതിന്റെ വാച്യാർത്ഥത്തിൽ എടുക്കണ്ട കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞ വിരക്തി ഫലബോധ വിരാഗം ഒരു യോഗ്യതയാണ് അറിയുന്നതിനുള്ളത് ഇതര ഉപന്യാസികളുടെ യോഗ്യതയാണ് അപ്പോ ഒരു പ്രാഥമിക യോഗ്യത എന്നുള്ളതല്ലെങ്കിൽ അവിടെ അരതി മനുഷ്യന് വേണ്ട അവിടെ നിരക്കുന്നൊരു ഭൗതിക ആസക്തി ഇല്ല എന്ന് പറയും സാമാന്യമായി വിഷയാനുഭവിച്ചാൽ ഇരിക്കുക എന്നുള്ളതല്ല വിഷയാനുഭവം എന്തായാലും ഉണ്ടാവും വിഷയാനുഭവങ്ങളെല്ലാം ഉണ്ടാവും എല്ലാം വിഷയങ്ങളെന്ന് പറയുമ്പോൾ സപ്തസ് പരിസരവും പരസംഗങ്ങളെല്ലാം വിഷയങ്ങളും ഈ വിഷയാനുഭവമാക്കുകൊണ്ടാകുകയും പക്ഷേ ഭൗതിക ആസക്തി എന്ന് പറയുമ്പോൾ മറ്റൊരു വിഷയം അത് എല്ലാം ഇരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രാഥമിക യോഗ്യതയാണ് അതിനോട് താല്പര്യം വന്നു പിന്നെ ഇത്തരത്തിലുള്ള ആധ്യാത്മിക ചിന്തയെന്ന് പറഞ്ഞുകൊണ്ടാകുന്നു അത് അങ്ങനെയുള്ള ഭൗതിക ആസക്തി ഇല്ലാതിരിക്കുക ഇവിടെ പറയുന്നത് തത്വത്തെ അറിയുന്നതുവരെ ആർക്കും വിരക്തി ഉണ്ടാവില്ലെന്നാണ് ഇവിടെ ഇപ്പം പറയുന്നില്ല അത് നമ്മളെങ്ങനെ മനസ്സിലാക്കണോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് വിരക്തി എന്ന് പറയുന്നത് തത്വജ്ഞാനത്തിന് മുമ്പോ അതോ പിമ്പോ തത്വജ്ഞാനത്തിന് വേണ്ടി അതിന് മുമ്പ് വിരക്തി ആവശ്യമാണ് ഇവിടെ വിരക്തി എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ഞാൻ കുട്ടി പോകുന്ന ആദ്യം തത്വജ്ഞാനത്തിന് ശേഷം അത് പറഞ്ഞു സാറിനപ്പോ വിവേകവൈരാഗ്യം വിവേക വൈരാഗ്യങ്ങൾ വിവേകം നിറഞ്ഞ തത്വാണ് ഭിന്ന വൈരാഗ്യം എന്ന് പറയുമ്പോൾ അവിടെയും ഇത് തന്നെയാണ് വലിയൊരു പ്രാധാന്യം വിരക്തിക്കൂടെ ഒരു വലിയ പ്രാധാന്യം വരാൻ കാരണം എന്താണ് എന്താണ് അഭിഭാഷകാലത്ത് ഒരുപാട് പ്രാധാന്യം എന്തുകൊണ്ട് ഒരു പ്രധാനമായ കാരണം അതുമാത്രമല്ല ഒന്നിനും ഒരു കാരണം മാത്രമായിട്ട് കാരണം പഴയ കാലങ്ങളിൽ ഈ മനുഷ്യൻ വൈദികർ പ്രത്യേകിച്ച് സ്വർഗം ഇരുന്നവരുടെ ജീവിതം കൊണ്ട് അതൊരു ഇതാണ് ഭരണശേഷം കൊണ്ടുള്ള ഒരു സ്വന്തം അതിനുവേണ്ടി കർമ്മങ്ങളിലേക്ക് ചെയ്യുകയാണ് അപ്പോൾ അത് പ്രധാനം ഇഹലോകത്തിലെ ആസ്വസ്തികളും അതിലൊന്നും മനുഷ്യരെ പിന്തുരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിരക്തി എന്ന് പറയുന്നത് ഒന്ന് എന്നാണ് ഇത സമൂത്ര ഫലം പോകുന്നില്ലാകും നിരാകരിക്കുന്നത് ോക അസുഖങ്ങളിൽ നിന്നും ഉള്ള നിലകി പറയാൻ കാരണം അത് അതാണ് പ്രധാനമായിട്ടും പന്ത്രണ്ട് പിന്നെ ഇഹലോകത്തിനുമുണ്ട് അത് അങ്ങനെ എടുക്കാൻ പറ്റും ഭൗതികാസക്തി ഇല്ലാതിരിക്കാന്നൊരർത്ഥം എടുക്കാൻ പറ്റും കാരണം ബാക്കി അനേപവാദം നിർലേപവാദം ഉദാസീനത നിസ്സംഗത അസംഗത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ വീലും മനുഷ്യ അവിടെ എന്താണ് വിഷയ അനുഭവത്തെ നിഷേധിക്കുന്നില്ല നിഷേധിക്കാൻ പറ്റത്തില്ല എന്നാൽ അവിടെ നിഷേധിക്കുന്ന ആസക്തികളെയാണ് ആസക്തികളെ നിഷേധിക്കുന്നു എന്ന ഭൗതികാനുഭവങ്ങളെ നിഷേധിക്കുന്നു അവിടെയാണ് പറയുന്നത് എന്താണ് ഉദാസീനായിരിക്കുക ആത്മാവിനും മൂന്ന് ഉദാസീതോ ഉദാസീതോ ഗുണേ യോന വിചാരിയെ അപ്പോ മനസ്സിന് അനാസക്തമാക്കിയിരിക്കുക ആത്മാവ് എങ്ങനെയാണോ അനാസക്തമായിരിക്കുക അതുപോലെ മനസ്സിനെ അനാസക്തമാക്കാൻ ശീലിക്കുക അവിടെ നിഷേധിക്കുന്നത് ഈ പറയുന്ന ഭൗതികാസക്തിയെ നിഷേധിക്കണം അപ്പൊ അനാസക്തമായ എല്ലാം വിലക്കനാണെന്നുള്ള അർത്ഥം മുതൽ അതോടെ കണക്കാണ് അത് നിർലേപനായിരിക്കുക അലേപനായിരിക്കുക എന്നൊക്കെ പറയുന്ന ഉദ്ദേശിച്ചത് അവിടെയുടെ ജനഗതിയും പറ്റി ഉദാഹരണം പറയും അപ്പോ വിഷയത്യാഗം എന്ന് പറയുന്നത് ഏതുവരെ ആകാം അങ്ങനെ ഒരു പരിമിതി അതുപന്നെ ജീവിതം ശരിയാണ് എന്നുള്ള അനുസരിച്ചിരിക്കും രാമനുച്ചയൊക്കെ പറയുന്ന രീതിയിൽ അയാൾ പൂർണ്ണമായ വിഷയത്യാഗമാണെങ്കിൽ അത് പിന്നെ സന്യാസവും ഇനി പറയുന്ന ലാവതരിപ്പിക്കുന്ന രാമൻ പോലെ ഒക്കെ ഗാർഗസ്ഥിണ്ടല്ലോ അവിടെ ഈ ഭൂരികാസക്തി ഇല്ല എന്നാൽ അലേപവാദം അവിടെയുണ്ട് ഇപ്പോ പരതി എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പഠിച്ചു അപ്പോ തത്വജ്ഞാനം അതുകൊണ്ട് ഇരക്കി എന്നുള്ളതാണ് അതാണ് നമ്മൾ അത് വിവേകം എതിരാക്കിയത് തത്വജ്ഞാനം ഇന്ന് നിന്ന് തത്വജ്ഞാനത്തിന് ശേഷം വേണം അത് ഉണ്ടാകുന്നു ഉണ്ടായില്ലേ അതാണ് അതിനാണ് ഭാഷകാരും സന്യാസം എല്ലാ ഇവിടെ അതിനാണ് പ്രാധാന്യമുള്ളത് അത് അപ്പോ എന്താണ് ഭൗതിക ആസക്തി ഇല്ലാതിരിക്കുക നിസ്സംഗനായിരിക്കുക ഇതൊക്കെ ഇവിടെ നിർവേദം പോലെയുള്ള വാക്കുകൾ നരതി വൈരാഗ്യം എന്നൊക്കെയുള്ള വാക്കുകളും ഇത് യോഗികൾക്ക് സംബന്ധമായ കാര്യമില്ല ധൈദികൾക്കൊക്കെ സംബന്ധമാണ് അത്തരത്തിലുള്ളവരും മരുഭൂമിതായ ഭാഗം അതിനുള്ള ഉദാഹരണം പറയൂ മരുഭൂമിയിൽ ലഭകളുണ്ടാവുന്നില്ല അതുപോലെ ബ്രഹ്മജ്ഞാനം ഉണ്ടെങ്കിൽ ഇതിനു പറയുന്നവരുള്ള അവരത് അതും ഉണ്ടാകുന്നില്ല അത് നമ്മള് വിശദീകരിച്ച് സന്ദർഭമനുസരിച്ച് മനസ്സിലാക്കണം അതേ വിജ്ഞാതൻ രഘുഭംഭൂമയ അതേ അതുകൊണ്ട് തന്നെ എന്താണ് രഘുരഘുഭവം രഘുവംശത്തിൽ പിറന്നവനായ വിജ്ഞാതൻ നേറിയേണ്ടത് അറിഞ്ഞവനായി അറിയണം രാമവേരമുണ്ടല്ലോ ഏതാ രജ്ഞ ഭോഗ ഭൂമിയുണ്ട് ഏനം നാം രഞ്ജയി അതുകൊണ്ട് ഈ ഭോഗഭൂമികളൊന്നും തന്നെ ഭോഗ്യ വിഷയങ്ങളൊന്നും തന്നെ ഈ രാമനെ രഞ്ചിപ്പിക്കുന്നില്ല കൊതിപ്പിക്കുന്നുണ്ട് രാമൻ വിദഗ്ധനായിരുന്നു രാമോ എന്റെ അന്തർജ്ഞാനേ ആക്രാമി മാത്രം രാമ എ അന്തർജി രാമൻ ഏതെന്തിനെയാണോ തദ്വസ്തു അതാണ് പരമാർത്ഥം വസ്തുതിൻ്റെ കൂടെ സത്യം പരമാർത്ഥം എന്നുള്ളത് എന്ന് അറിയുന്നു ഇപ്പൊ അറിയുന്ന രാമന് എന്താണ് പരമാർത്ഥം എന്നുള്ളത് അങ്ങനെ അറിയുന്നത് ഇവിടെ വിഷ്ണു മിത്രം അതിനെ സന്മുഖ ആകർഷിക്കാം സന്മുഖത്തിൽ നിന്നും കേട്ടിട്ടുണ്ട് എന്ന് വിശ്വാമേന്ദ്രൻ എൻ്റെ മനസ്സിലിരിക്കുന്നതെന്നാണ് അതിന് വസിഷ്ഠനിൽ നിന്ന് കേൾ കേൾക്കണം അറിഞ്ഞതിനൊന്നുകൂടെ കേൾക്കണം കേട്ടിട്ട് ചിത്തവിശ്രാന്തി ആ പുരോഗിക അത് കേട്ടുകഴിഞ്ഞാൽ ചിത്തവിശ്രാന്തിയെ പ്രാപിക്കുന്നു അതാണ് ഇവിടുത്തെ ഒരു പ്രധാനമായ വാസിഷ്ടത്തിന്റെ ഒരു ആശയം തന്നെ തത്വജ്ഞാനം ഉണ്ടായാൽ പോര ഇതെന്തു വേണം തിത്തവിശ്വാസമാണ് അതിന് തത്വജ്ഞാനത്തിനോടൊപ്പം പതിനായിരം വർഷം മെറുകൾക്ക് സമാധിയിലുണ്ടെങ്കിൽ വളരാധ ഇതാണ് ഇവിടുത്തെ ഈ വാശിഷ്ടത്തിന്റെ ഒരു പ്രധാനമായ അങ്ങനെ പറയാം അതൊരാൾക്ക് സ്വാതന്ത്ര്യമാണ് അങ്ങനെ പറയുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല അപ്പോഴും നമുക്ക് ഭാഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ ഭാഷ്യാനോട് യോജ്യമുണ്ടോ അത് നമ്മൾ നമുക്ക് ചർച്ച ചെയ്താൽ മതി ഭാഷ്യത്തിന് എവിടെയെങ്കിലും ഇതിന്റെ ഒരു സപ്പോർട്ടുണ്ടോ ഉണ്ടാകും തത്വജ്ഞാനത്തിന് ശേഷം ഇന്ന് ചിത്തവിശ്രാന്തി വിടെങ്കിലും രാഷ്ട്രത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ട് കേട്ടിട്ടുണ്ടോ അത് കറക്െന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടില്ല എന്നിട്ട് ചിത്തവിശ്രാമി വ്യത്യാസം ഭാഷകാരന്റെ പ്രചരണ ആയുധമാണ് വിശ്രാന്തി ചിത്തവിശ്രാന്തി എന്ന് പറയുന്ന ഒരു പദവി ഭക്ഷ്യത്തിൽ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങള് കണ്ടുപിടിക്കേ അങ്ങനൊരു കേട്ടില്ല ശേഷം അതൊക്കെ ഉണ്ട് ഇതന്നെ ഉണ്ട് അത് വിചിത്ര വിശ്രാന്തി എന്ന് പറയുന്നത് ഭാഷ ഓട്ടോന്നു കഴിഞ്ഞാൽ തീർത്തുമില്ലെന്ന് പറയാൻ കഴിയും ഭാഷ്യത്തിന്റെ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഭാഷ്യത്തിന്റെ മുഖ്യ ആശയം ഉണ്ടാവും ഞാൻ പറയുമ്പോ മുഖ്യ ആശയം എന്ന് പറയുന്നത് ഭാഷയത്തിന്റെ ഇത് എന്നെ കുറിച്ച് പറയാതിരിക്കുന്നു എവിടെയാണ് പറയുന്നത് ഏ ആ മൺമുഖ്യം വരുമ്പോൾ മൺമുഖ്യത്തിന്റെ അദ്വൈത പ്രകടനത്തിലും അലാധാതി പ്രകടനത്തിലും പറയുന്ന അമിനീഭാവം അമനസ്ഥതീ അമിനീഭാവം എന്നത് പറയുമ്പോ അതാണ് ആ മൺമുഖ്യത്തിന്റെ ആ ഒരു മണ്ഡുക്ക് കാര്യമില്ല ആ ഒരാശയം കൂടെയാണ് ഇതിന് പ്രേരകം ഇദ്ദേഹത്തിന് എഴുതുന്ന അവിടെ പക്ഷികാരൻ മനസ്സിന്റെ നിരോധം എന്നും പറയുന്നു മനസ്സിന്റെ നിരോധം രാഹ്യാഭാവേക്ക് അദ്ദേഹം എന്ന് പറയുന്നു കത്തിക്കൊണ്ടിരിക്കുന്ന വിറകിൽ ആ കത്തി തീർന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അഗ്നിയില്ലാതാകുന്നു അതുപോലെ മനസ്സിൽ ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് പക്ഷെ അതിനൊരു പ്രത്യേകതയുള്ളത് അത് നമുക്ക് യോഗത്തോട് അങ്ങനെയൊന്നും ചേർക്കാനും പറ്റത്തില്ല കാരണം നമ്മുടെ മണ്ഡു തന്നെ പറയുന്നത് അസ്പൃശ്യ യോഗോ വൈനാമ ദുർദർശ സർവയോഗ്യനാ ഒരു യോഗികൾക്കും ഇത് പിടിക്കുന്ന കാര്യങ്ങളെന്നു പറയുന്നത് യോഗിനോ എന്റെ വ്യത്യാസമാണ് യോഗികൾ ഇതിനെ ഭയക്കുന്നു എന്നാണ് അപ്പൊ പിന്നെ ഇതെന്ത് യോഗമാണ് ഇത് അസ്പർശ്യ യോഗം യോഗികളുടെ യോഗം വേറെയാണ് എല്ലാ യോഗികളുടെയും ഈ യോഗത്തിൽ നിന്ന് ഇതിനെ വേദരിക്കുന്നു എന്നാണ് വേൽതിരിക്കുന്നതിന്റെ സിദ്ധാന്തപരമായും പ്രയോഗപരമായും ികളുടെ യോഗമല്ലെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും അവിടെ അവർ അമിനി ഭാഗത്തെ കുറിച്ച് പറയുന്നു മൺട്ടുക്കയത്തിൽ അത് ബുദ്ധദർശനത്തോട് ബൗദ്ധന്മാരുടെ ആശയത്തോട് ചേർന്ന് നീക്കുന്നതാണ് എന്നെ നോക്കുമ്പോ എന്താണ് തത്വജ്ഞാനം പോലെ അഭ്യാസ വൈരാഗ്യങ്ങളിലൂടെ പാഠ്യാനം പറയുന്നു വിവേക വൈരാഗ്യങ്ങളിലൂടെ മനസ്സിൻ്റെ അവനീഭാവം നിരോധം സംഭവിക്കുന്നു ആണ് സമ്പോധിയ ചിത്രം എന്ന് നമ്മുടെ ചുമപ്രാപ്ത മനസ്സ് ശ്രമത്തെ പ്രാപിച്ചു കഴിഞ്ഞ പിന്നെ മനസ്സിളക്കരുത് എന്നൊക്കെ പറയുമ്പോ അന്ന് മൊത്തത്തിൽ അവിടെ തോടഭാഗം അധ്യായം പറയുന്നത് സ്പർശിക്കുമ്പോൾ അതിനു പക്ഷെ ഭാഷകാരൻ എങ്ങനെയാണ് തന്റെ സിദ്ധാന്ത ഭാഗങ്ങളിൽ ഒരുപാട് ഭാഷ്യം രചിച്ചു അന്ന് സമർപ്പിക്കുന്നത് അതുപോലെ ഇവിടെ അതെന്താണെന്ന് വിശദീകരിക്കാനെന്ന് ശ്രമിച്ചിട്ടില്ല അന്റേയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം പറയുന്നു ആത്മതത്വ അനുഭവം ഞാന ആത്മതത്വത്തിന്റെ അനുബോധം അതാണ് ഭാഷ വിവേകവും വേണ്ടി ആത്മതത്വബോധം അത് ശീലിച്ചുകൊണ്ട് അതാണ് അതിൻ്റെ ഉപായമായി പറയുന്നത് രോഗികൾ പറയുന്നത് ചിത്രകുളിന്റെ നിരോധമാണ് അത് ചിത്തകുളിന്റെ നിരോധന ഭാഷകാലം ഷേധിക്കുന്ന സമയത്ത് പറയുന്നു അങ്ങനെ ചിത്തവൃത്തി നിരോധം വേണമെങ്കിൽ ആത്മജ്ഞാനം മതിയല്ലേ അതുകൊണ്ട് ചിത്രവൃത്തി നിരോധം സംഭവിക്കാൻ മറ്റു വൃത്തിയുടെ ഒക്കെ നിരോധിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ നിരോധത്തിന് ബാധ്യത അത് വാസ്തു ഒരുപാട് അത് ചർച്ച ചെയ്യുന്നുണ്ട് അതൊന്നും മറക്കാൻ പറയാം അവിടെ ഒരു ആത്മതത്വബോധം വൈരാഗ്യം അതിലൂടെ മനസ്സിൻ്റെ സമപ്രാപ്തി മനസ്സ് ഉപശമിക്കുന്ന കാര്യം മാണ്ടൂക്കിയെത്തി പറയുന്നു മാണ്ടൂക്കി താരിങ്ങനെയാണ് ഭാഷകാലങ്ങളിൽ അവിടെ അന്യത്തിലെങ്കിലും ബാക്കി ഭാഗങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്ന പ്രശസ്ത്രം വരുമ്പം ആ ഒരു ആശയത്തെ വേറെ ഒരിടത്തും ഭാഷ്യക്കാരൻ ഇതിനെ ഏറ്റു പറയുന്നുണ്ട് ആവർത്തിക്കുന്നുണ്ട് അതവിടെ അതിന്റെ അന്വാര്ഥം പറഞ്ഞു വിട്ട് എന്നുള്ളതല്ല മറിച്ച് അതിന് വിരുദ്ധമായി പറയുന്നുണ്ട് ആത്മദർശന ശ്രവണകാലേവൃതത്വ ദൃഷ്ടവ്യേഹേ കർത്തവ്യാന്തരം നാസ്തി എന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ നിഷേധിക്കുകയാണ് എന്താണോ മോട്ടിങ് കാര്യങ്ങൾ പറയുന്നത് മുഴുവൻ നിഷേധിക്കുന്നു അതായത് ആത്മദർശനം എന്ന് പറയുന്നത് ശ്രവണകാലങ്ങൾ തന്നെ സംഭവിച്ചു ആത്മബോധം അങ്ങനെയാണെങ്കിൽ ആത്മാവാധമേ മന്ദവ്യം വ്യതിയസ് ഒരുപാട് പറയുന്നുണ്ട് ൃഷ്ടവ്യാന്നൊക്കെ പറയുന്നത് എന്താണ് സാക്ഷാത്കരിക്കുക ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതുകൊണ്ട് മറ്റൊരു കർത്തവ്യം ഇല്ല അതുകൊണ്ട് ആത്മദർശനം സിദ്ധമായും കൃത്ഥമായും അസിദ്ധമായി എന്താണ് ഭാഷകാരൻ മറ്റു ഭാഗങ്ങളിൽ വരുമ്പോൾ പറയുന്നത് ഇതെല്ലാം മനസ്സി വെച്ചുകൊണ്ടാണ് ഞാൻ ആ അവിടെ കർത്തവ്യാന്തിരുന്ന സ്ഥിതി അവിടെ പറയുന്ന വേറെ കർത്തവ്യം ഇല്ല അവിടെ ആദ്യം പറയുന്നു പക്ഷെ ഇത് ഭാഷ്യത്തിൽ പറയുന്നതല്ല ഇതെല്ലാം കാരികയിൽ പറയുന്നതാണ് യമനസ്ഥയുന്നത് കാരികയിലെ അന്യർസം ഭാഷ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഭാഷ്യത്തിൽ കൊണ്ടോന്നു ചോദിച്ച ഉണ്ട് അതിന് കാരണം എന്തെന്ന് വെച്ചാൽ മണ്ഡലത്തിന്റെ ഒരു രീതി വേനയാണ് എന്താണ് യഥാസ്വേ ദ്വയാഭാസം എന്ന ഇതിനകത്ത് വാസിഷ്ടത്തെ നിരന്തരം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് സ്വപ്നമെന്ന് പറയുന്നത് എന്താണോ മനസ്സ്പന്ദനമാണ് എല്ലാവർക്കും അഭിപ്രായം മായ വന്നു ജാഗ്രത സ്വപ്ന പ്രതീതികളെല്ലാം എന്താണ് മായയാസ്പന്ദതയെ ഞാൻ പലവണ്ണം പറഞ്ഞിട്ടുള്ളതാണ് ഓർമ്മയുണ്ടെന്ന് നീക്കത്തില്ല മായ കൊണ്ടുള്ള ഒരു സ്പന്ദനം മാത്രമാണ് എന്തിന്റെ സ്പന്ദനം മനസ്സിന്റെ മനസ്സിന്റെ സ്വപ്നമാണ് എങ്കിൽ തഥാ ജാഗ്രഭാസം ജാഗ്രത എന്താണ് അതും ദ്വയാഭാസം മായയാസ്പന്ദതയും അതും ഒരു സ്പന്ദനമാണ് മനസ്സിന്റെ സ്പന്ദനമാണ് എന്താ മനസ്സിങ്ങനെയൊക്കെ സ്പന്ദിക്കുന്നു മായ മായ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നോട് ചോദിക്കാൻ പാടില്ല ചോദ്യങ്ങൾ പാടില്ല അങ്ങനെ സംഭവിക്കും അങ്ങനെ ചോദിക്കും എല്ലാ ചോദ്യങ്ങളും മായ എന്ന് പറയുന്ന ഒറ്റ ഭാഗത്ത് അതുപോലെ സംഭവിക്കുന്നു ഇത് എവിടെ നിന്നു ലോകസമൃദ്ധി സത്യം എന്ന് പറഞ്ഞ ബൗദ്ധന്മാരുടെ സമൃദ്ധി മായ അവരും മായെന്ന് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ധർമ്മകൾക്ക് മായ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നു സംഗ്രഹകർക്കും നൂറ്റാണ്ടുകൾക്കും ജീവിച്ചിരുന്നയാള് മായയിൽ തന്നെ അതിലൊന്നും ഇങ്ങോട്ട് വന്നതാണ് മാണ്ഡുക്യത്ത് അതൊന്നും ഈ രാഷ്ട്രീയന്മാരെയുള്ള അംഗീകരിക്കുന്നു കാരണമെന്നോണ്ട് ശങ്ക ഈ സുഗതൻ എന്ന് വെച്ച ബുദ്ധൻ ഭാഗ്യാർത്ഥവാദം ശൂന്യവാദം ചെടികൾ വിജ്ഞാനമാകും ഇങ്ങനെ പരസ്പരവിരുദ്ധങ്ങളായ മൂന്നാശയങ്ങൾ പറഞ്ഞിട്ട് ഈ പ്രജകളെല്ലാം നശിച്ചു പോട്ടേ എന്ന് വിചാരിച്ചു എന്റെ പേരെടുത്ത് പറഞ്ഞാണ് ബുദ്ധന് ശകാരി പ്രജകൾ നശിച്ചു പോട്ടെ എന്ന് പരസ്പര വിരുദ്ധമായി ഞാൻ ഷിരേഷത്തിലായിരിക്കും അന്നവിടെ ജീവിച്ചിരുന്ന ഒരു ദണ്ഡി സുഹൃത്തുക്കൾ രാമാനന്ദി സുഹൃദ അതേ ഒരു പുസ്തകം അഴിക്കാം അപ്പൊ അത് ഞാൻ ഓർക്കുന്നില്ല ആ പുസ്തകം എന്ന് പറയുന്നത് ശങ്കരാചാര്യെവിടെയൊക്കെ പരസ്പര വിരുദ്ധമായി പറഞ്ഞു അതിപ്പോ ഒരുപാട് എഴുതുന്ന എല്ലാർക്കും പറ്റും ആദ്യമൊഴിന്ന് കുറച്ചൊഴിയും മറന്നു പോകും മലപ്പുറം സമന്വയിപ്പിക്കണമെന്നു അത് ഒരു തരത്തില് സമന്വയിപ്പിക്കാൻ പറ്റത്തില്ല ആശയങ്ങളിൽ വൈരുദ്ധ്യം വന്നുകഴിഞ്ഞാൽ അതിലെ വൈരുദ്ധ്യം എന്ന് അംഗീകരിക്കുന്നതാണ് മലയാളം എല്ലാവർക്കും പറ്റുമെന്ന് അത് ഒരാൾക്ക് മാത്രം പറ്റുന്ന മുമ്പഴേ മറന്നു പോവും ആശയങ്ങളല്ലേ അതായത് ആശയങ്ങളിൽ വൈരുദ്ധ്യം വന്നു ഒരു സിദ്ധാന്തം അത് വൈരുദ്ധ്യമായി അംഗീകരിക്കാനും പക്ഷെ സാധനങ്ങളിൽ വ്യത്യാസം കഴിഞ്ഞാൽ എന്ത് പറയാം അധികാര പറയാം രണ്ടു രണ്ട് കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ അവരുടെ ഭക്തി കൊണ്ട് മോക്ഷം കിട്ടുമെന്ന് അല്ല കർമ്മയോഗം കൊണ്ട് മോശം അവരുടെ അടുത്ത് പറയും ജ്ഞാനം കൊണ്ടാണ് മോക്ഷം എവിടെ നിന്ന് പറയാനുള്ള വൈദിക ഉപാസനം കൊണ്ടാണ് ഇതെല്ലാം പറയാറ് എന്തുകൊണ്ട് ഈ പറയുന്ന സാധനങ്ങളെക്കുറിച്ചാണ് സാധനകളിൽ വ്യത്യാസങ്ങളാണ് അവർക്ക് ഒന്നും മറ്റൊന്നോട് വിരോധമുള്ള ഭക്തിയും കർമ്മയുമായിട്ടുള്ള വിരോധവും വിരോധവും ജ്ഞാനവും ഭക്തിയുമായിട്ടുള്ള വിരോധ വിരോധവും സാധനകളിൽ ഇത് വരുന്നു വ്യത്യാസം വരുന്നു അങ്ങനെ നമുക്ക് ഉറപ്പിച്ചും ഇതെല്ലാം പല സിദ്ധാന്തങ്ങളിൽ വൈരുദ്ധ്യം വന്നാലോ അത് പ്രമാദം കൊണ്ട് സംഭവിക്കുകയാണ് വീഴ്ചകൾ സംബന്ധിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് പറയും ഒരുപാട് എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ സംഗ്രഹാരൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഈ മനസ്സിന്റെ സ്വന്തനമാണ് ഈ പ്രപഞ്ചാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വരും മനോനിരോധം വരും സ്വന്തനം തരുന്നില്ല ഇതാണ് ഭൗതന്മാരും ക്ഷണിക വിജ്ഞാനോ ബാഹ്യാർത്ഥത്തെ സ്വീകരിച്ചാലോ ബാഹ്യാർത്ഥത്തെ ബാഹ്യമായി വസ്തുക്കളുണ്ടെന്ന് സ്വീകരിച്ചു കഴിഞ്ഞു എങ്ങനെ ഈ പറയുന്ന മനസ്സിൽ നിന്നും സ്വതന്ത്രമായി ബാഹ്യമായി വസ്തുക്കളുണ്ട് എന്ന് അംഗീകരിക്കുക ഞാൻ പിന്നെ എന്ത് വേണം അവിടെ അവിടെ തത്വജ്ഞാനമാണ് അതാണ് ഈ വ്യത്യാസം അപ്പോ ബ്രഹ്മസൂത്രത്തിൽ നിന്ന് അഭാവോപലബ്ധേ അഭാവാധികരണം അവിടെ നിങ്ങൾ വായിച്ചു നോക്കണം അതിന് സംഭവം അറിഞ്ഞിട്ടുള്ള കുറെ സൂത്രമുണ്ട് അതിനൊക്കെ ഭാഷകാരൻ എന്താ ചെയ്യുന്നത് ഈ വിജ്ഞാനത്തിൽ നിന്ന് വേറെ വസ്തുക്കൾ ഉണ്ട് എന്ന് സമർത്ഥിക്കുകയാണ് മനസ് ബന്ധനമെന്നല്ല പറയും അവരുടെ വാശിയോട് അവിടെ സമ്മർദ്ദിക്കുകയാണ് എന്തൊരു േവരം നമ്മുടെ എന്താണ് അറിവിൽ മാത്രം നിൽക്കുന്നത് അങ്ങനെ അറിവിൽ മാത്രം നിൽക്കുന്നു എന്ന് പറയുന്നത് സഹബുലം പറയുന്നു അറിവുള്ളപ്പോഴേ വിഷയങ്ങളുള്ളൂ അറിവില്ലെങ്കിൽ വിഷയങ്ങൾ സഹബുലം പറഞ്ഞു പക്ഷേ പറഞ്ഞു അതൊരിക്കലും ശരിയാകത്തില്ല എന്തുകൊണ്ട് ഘടജ്ഞാനം പടജ്ഞാനം എന്ന് പറയുന്നത് ഒരു ജ്ഞാനാണോ രണ്ട് ഞാനാണോ ഘടകം പടജ്ഞാനം നമുക്ക് രണ്ടുതരത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നു എന്തുകൊണ്ടവിടെ രണ്ടു തരത്തിൽ ഞാനുണ്ടാകുന്നു വിഷയങ്ങൾ വേറെ ഇല്ലാതെ വളരെ സിമ്പിളായിരിക്കും വിഷയങ്ങൾ വേറെ ഇപ്പൊ ഘടജാനത്തിന്റെ വിഷയമല്ലേ എന്തിന്റെ ഞാനും എന്തിന്റെ വിഷയം പടജ്ഞാനത്തിന്റെ വിഷയം പടജ്ഞാനത്തിന്റെ വിഷയമല്ലേ എന്താണ് ഘടജ്ഞാനത്തിന്റെ വിഷയം ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് എങ്ങനെയാണോ ഞാൻ എന്തൊരു വൈവിധ്യം വരുത്തുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു വിഷയങ്ങളിലും അപ്പോ ബാഹ്യ വസ്തുക്കളുടെ അസ്യത്വത്തിൽ അംഗീകരിച്ച് തീരു എന്ന് പറഞ്ഞ് വാശ്യോടുകൂടി അവരുടെ ഭാഷ്യം അതേ ഭാഷകാരൻ ഇവിടെ എന്ന് എന്ന് പറയുമ്പോൾ വരുന്നു ഇത് വെറും മനസ്സിന്റെ സ്പന്ദനമാണ് മനസ്സിൽ വേറിട്ടില്ല എന്ന് നമ്മൾ പറയുന്നു ഇതും വഴിപോലെ അതുപോലെ തന്നെ അവിടെ എങ്ങനെയല്ല ബാഹ്യാർത്ഥം കൊണ്ട് ഓർമ്മ ചന്ത പറയും എട്ട അഞ്ച് നാല് അവിടെ ഭാഷ്യകാരം പറയുന്നത് എന്താണ് ആന്തരായത് ബാഹ്യാഹാര ബാഹ്യായ ഉള്ളിലുള്ളത് എന്താ പുറമേ ഉള്ളത് പുറമേ ഉള്ളത് തന്നെ ഉള്ളിലുമുള്ളത് ഭാഷകാര സാറിനെ എന്താ പറയുക ഈ പ്രപഞ്ചം പിന്തിയാണ് ഏതുപോലെ സർപ്പം പോലെ മനസ്സിലായി പ്രവിന്റെ പിന്നെയാണ് രജുവിന്റെ സർപ്പം പോലെ പിന്നെ അവിടെ പറയണോ പ്രപന്റെ സത്യമാണ് ഏതുപോലെ രജ്ജുര സർപ്പം പോലെ ഇതും പറയാം പിന്നേ പറയാവും എന്താ രജുവരെ സർപ്പം പോലെ എങ്ങനെയാണോ പ്രപഞ്ച സത്യമാണോ മറ്റങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട് ഈ രജ്ജുവിന് സർപ്പം പോലെ പ്രപഞ്ചം മിഥ്യാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സർപ്പം മിഥ്യാണ് പക്ഷെ രജ്ജുവിന്റെ സർപ്പം പോലെ പ്രപഞ്ച സത്യമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് ബ്രഹ്മസത്യം ജഗത്സത്യം ഇത് പല പൊട്ടന്മാർക്കും മനസ്സിലായിരുന്നു സ്വാമിക്ക് ബോധം ഉണ്ടാകണമല്ല ബ്രഹ്മസത്യം ജഗത്രി ർക്കം മനസ്സിലാകില്ല അതിന് ഭാഷകത്ത് കാര്യമായി നോക്കാറുണ്ട് അതുകൊണ്ടാണ് നോക്കിയാൽ തന്നെ തലയ്ക്കകത്ത് കയറട്ടെന്തൊരു പ്രശ്നം തലക്കകത്ത് കയറിയാൽ തന്നെ എന്തുവേണം അതവിടെ ഇരിക്കണം ഇറങ്ങി പോവരുത് ഇതെല്ലാം വേണ്ടേ എന്തുകൊണ്ട് എന്താണ് ഈ ജഗത്ത് രജ സെല സത്യം എന്ന് പറയുന്നത് കാരണം ഈ സത്വം എന്ന് പറയുന്നത് എന്താണ് സിമ്പിളാണ് അവിടെ ഈ ഭാഷകാരൻ ഉപയോഗിക്കുന്ന ലോജിക് വളരെ സിമ്പിളാണ് ഈ സത്വം എന്ന് പറയുന്നത് രജു ആണ് അങ്ങനെയാണെങ്കിൽ ജഗത്ത് എന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മത്തിന്റെ ബ്രഹ്മം എന്താണ് സത്യം അപ്പൊ ജഗത്തെന്താണ് സത്യം അങ്ങനെ ഒരു സന്ദർഭത്തിൽ പറയും അപ്പൊ ജഗത്ത് സത്യം എന്ന് പറഞ്ഞാലും അതിന് യുക്തിയുണ്ട് ജഗത്ത് മിഥ്യ എന്ന് പറഞ്ഞാലും അതിന് യുക്തിയുണ്ട് ഏരുദ്ധമല്ലാന്ന് മനസ്സിലാകത്തക്ക രീതിയിലെ യുക്തിയെ നമ്മൾ മനസ്സിലാവും അപ്പൊ ഈ കേൾവി വെറുതെ കേട്ടിട്ട് പ്രതികരിക്കരുതെന്നുള്ള എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാ അതും പിടിച്ചുകൊണ്ട് വെടികൊണ്ട ഭംഗി പോലെ പായത് എന്താണ് ഇതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇതിന്റെ പരമാർത്ഥം ഇതിനപ്പുറമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മിഥ്യാധാർമ്മങ്ങളിൽ നിന്നുകൊണ്ടെല്ലാം ഏകദേശിക്കാൻ ശ്രമിക്കരുതെന്നുണ്ട് അങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കരുത് ചിലടത്ത് വിരോധവും വരും എങ്ങനെ വിരോധം വരുന്നു ഭാഗ്യമായി വിജ്ഞാനത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അറിവിൽ ഭാഗ്യമായി ഇല്ല എന്നൊന്ന് സമർത്ഥിച്ചിട്ട് പിന്നെ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വിരോധമുണ്ട് അവിടെ വിരോധമില്ലെന്ന് പറയാൻ പറ്റും പിന്നെ ആ വിരോധത്തെ പരിഹരിക്കാൻ വേണ്ടി എന്ന് പറയും അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാർത്ഥികമായി ഇല്ലാന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ വ്യാവഹാരികമായും ഇങ്ങനെയൊക്കെയുള്ള എന്താണ് അഭ്യാസം എങ്കിലും ബൗദ്ധന്മാരൊക്കെ ബൗദ്ധന്മാരാണ് ഈ ആശയങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എന്നാൽ ശങ്കരാചാരാദ്യം കൊണ്ടുവരുന്നത് ഇപ്പോ ഭാഷകാരുടെ മുഖ്യ ആശയം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടി വരും എന്താണ് നമുക്ക് ഏതൊരു കാര്യത്തെയാണോ ഒരുപാട് വ്യാഖ്യാനത്തിലൂടെ സമ്മർദ്ദിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതാണ് മുഖ്യമെന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ഈ മുഖ്യം ഞാൻ ഭാഷ ആശയം ഭാഷ എഴുതി സമർത്ഥിക്കാൻ ശ്രമിക്കും മറ്റത് അംഗീകരിക്കുന്നു എങ്ങനെ അംഗീകരിക്കുന്നു അത് ആ ഗാരികയുടെ ആശയമായിട്ട് അംഗീകരിക്കുന്നു തന്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല തന്റെ ആണെന്നും പറഞ്ഞിട്ടില്ല രണ്ടും പറഞ്ഞിട്ടില്ല അന്യവാർത്ഥ എഴുതി പോയിട്ടുണ്ടതെല്ലാം പക്ഷെ ഒരു സ്വയം ബുദ്ധി ഉപയോഗിച്ച് അങ്ങോട്ട് സമർത്ഥിക്കാം എന്നൊരു പാതയുടെ മുഖ്യ ആശയമായിട്ടുണ്ട് അവിടെ പറയുന്നത് എന്താണ് ശ്രവണം കൊണ്ട് തന്നെ എന്തായി തത്വജ്ഞാനം ഉണ്ടായി അതുകൊണ്ട് കർത്തവ്യ അന്തരം ആസം ൂരു മണി എന്ന് പറയുമ്പം പിന്നെ എന്താണ് അമനീഭാവത്തിന് വേണ്ടിയുള്ള ശ്രമം അവിടെ ഭാഷകാരൻ നിഷേധിക്കുകയാണ് അതിനൊന്നും അംഗീകരിക്കുന്നുണ്ട് കർത്തവ്യ അന്തരെന്നാ സു വേറൊരു കർത്തവ്യമേ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃതകൃത്യത എന്ന് പറയുന്ന ഒരു ആശയത്തെ ഊന്നി പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം ഇനി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് സിദ്ധാന്തം അങ്ങനെ ഇനി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാൾ തത്വജ്ഞാനം എന്താണ് പാഠ്യകാലം പറയുന്നത് ഈ തത്വജ്ഞാനം ഉണ്ടായി തത്വജ്ഞാനിയാണ് എന്നൊക്കെ പറഞ്ഞ എന്താ എന്താ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ നിങ്ങൾ മനസ്സിലാക്കി കൊറേ കാലമായി നിങ്ങള് എന്നതും പറഞ്ഞിട്ടൊരു കാര്യമല്ല ശ്രീവാക്യമാണ് ആര് പറയുന്നത് രാമായനുജ് അതല്ലേ നമ്മളിപ്പോ ഈ ഭാഷകാരെ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്നും മനസ്സിലായി അർത്ഥമുള്ളൂ വേറെ ഒരർത്ഥമുണ്ട് ഇതൊന്നും മനസ്സിലായിരിക്കണം അല്ലാതെ തത്വിക്കാരും പറഞ്ഞ് കാറ്റടിച്ച ബലൂൺ പോലെ ഇങ്ങനെ നടക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ തത്വജ്ഞാനീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷകാരൻ എഴുതിയിരിക്കുന്ന മനസ്സിലാവില്ല അപ്പോ ഇതുപോലെ ഒരുപാട് ജ്ഞാനമുണ്ട് ഇപ്പൊ രാമാനുജന്റെ ജ്ഞാനം എന്താ ജ്ഞാനമല്ലേ ഭാഷകാരനെക്കാളും ശാസ്ത്രപരിമയുള്ള വേദാന്താചാര്യൻ പറഞ്ഞിരിക്കുന്ന എന്താ ഞാനാണ് അതുമൊക്കെ തന്നെ ഞാനുമാണ് നിങ്ങളോട് ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെ അർത്ഥം അതി അതിനപ്പുറം വേറെ എന്താണ് ഞാൻ എന്ന് വിചാരിച്ച് നടക്കുന്നിടത്താണെന്ന് പറ്റുന്നത് ഇത് അബദ്ധം പറ്റുന്നു അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലും കാര്യമില്ല എത്ര ഞാൻ ആൾക്കാർക്ക് മനസ്സിലാവാറുള്ളത് എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്ന പോലും പാഷകാലത്ത് ഞാൻ മനസ്സിലാക്കിയോ എന്തുകൊണ്ട് ഞാൻ ആവർത്തിച്ച അല്ലെങ്കിൽ ഇതിനൊരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടാവും മാറ്റി ഉണ്ടാവുന്ന തെറ്റിദ്ധാരണ എന്താണ് ഞാനൊരു ഗുരുവാണെന്ന് തേരും അത് ഏറ്റവും വലിയ അബദ്ധമാണ് മനസ്സിലാക്കി ഞാനൊരിക്കലും ഒരു ഗുരുവേ എന്റേതായ ഒരു സിദ്ധാന്തം അല്ല നിങ്ങളോട് പറഞ്ഞു തരുന്നു ഭാഷകാരുടെ ഒരു ഗുരുവാണ് എന്തുകൊണ്ട് ഭാഷകാരും ഭാഷകാരൻ്റെതായ സിദ്ധാന്തം പറയും ഇതൊക്കെ ആ പറഞ്ഞു ചിലര് എന്നെ ഒന്ന് ഗുരു വരും എനിക്ക് കരണക്കുറ്റിക്കൊന്ന് കൊടുക്കാൻ തോന്നും പക്ഷെ എന്റെ ചെയ്യാം പോലീസ് ആവും നമ്മൾ പ്രതിയാവും ജയിലിൽ പോകേണ്ടി വരും ചിലർ അങ്ങനെയൊക്കെ പറഞ്ഞോളെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അങ്ങനെ ഒരു ഗുരുത്വിച്ചിട്ട് ആഗ്രഹിക്കാൻ വേണ്ടി തീരെ താല്പര്യമില്ലാത്ത കാര്യങ്ങളും പറയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല ഞാൻ രാമാനുജൻ പറഞ്ഞു പറയുന്നു പതഞ്ജലി പറയുന്നു പറയുന്നു കപിരൻ പറഞ്ഞു പറയുന്നു ഇങ്ങനെയൊക്കെ പറയുന്നു അതെന്താണെന്ന് പറഞ്ഞു തരുന്നവരാളാണ് അവരുടെ അഭിപ്രായം പറയുന്നത് ഗുരുക്കന്മാർ അവരൊക്കെയാണ് എന്റെ അഭിപ്രായം എന്താ ഞാൻ പറയുന്നത് എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാകുന്നു മനസ്സിലാകുന്നില്ലെങ്കിൽ എല്ലാവർക്കും ഞാൻ പറയുന്നു മനസ്സിലാക്കുന്നില്ല എന്നൊന്നാണ് ഞാൻ പറയുന്നു അവർ മനസ്സിലാക്കുന്നു എന്നെ അതിന് മനസ്സിലാക്കാം അപ്പൊ ഭാഷകാരന്റെ അഭിപ്രായം ഇതാണ് മുഖ്യ ആശയവും എന്താണ് ഈ പറയുന്നത് പാണ്ഡന്യത്തിനുണ്ട് മനസ്സോ അമിനീഭാവേ ലഭ്യത മനസ്സിന്റെ അഭിനീഭാവത്തിൽ ദ്വൈതം ഇല്ല ആ അമിനീഭാവത്തിൽ ബാഷുകാരനോട് മനസ്സിലാക്കി തരാൻ വേണ്ടിയൊരു ഉദാഹരണം പറയുന്നത് എന്താണെന്ന് പറയാം എന്താണ് അതാണ് ഉദാഹരണം പറയുന്നത് ചുഴ്ത്തിയിൽ ദുരിതം ഉണ്ടാവും അതായത് ഈ അവലെയാണെന്ന് ആ പറയുന്നു പിന്നെ വേറെ ഉദാഹരണം പറയുന്നുണ്ടെന്ന് അറിയാം ഫ്രജ്ജ് സർപ്പം സർപ്പം പോയാൽ പിന്നെ അവിടെയൊക്കെ ഉണ്ട് ഫ്രജ് മാത്രം ഇത്തരം ഉദാഹരണങ്ങളാ പറയുന്നത് ഏ കേട്ടില്ല അവിടെ ഈ അമിനീ ഭാവം എന്ന് പറയുന്ന ഭാഷ്യകാരൻ വേറെ ഒരിടത്തും പറയുന്നില്ല അത് ശ്രദ്ധിക്കുന്നു മാണ്ഡവക്യത്തിൽ കണ്ട ഭാഷ്യകാരൻ അവിടെ ഉപേക്ഷിച്ച കാര്യമാണ് ഈ അമിനീ ഭാവം മാണ്ഡൂത്യത്തിൽ അദ്വൈതപ്രകരണത്തിനും തുടർന്നു വരുന്ന അലാധശാന്തി പ്രകടനത്തിനും അല്ലാതെ ഒരു ഭാഗത്തും ഇല്ലാന്നു തുടങ്ങിയ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ച് പറഞ്ഞു തന്നാൽ കോളാം ഒരു ഭാഗത്തും ഭാഷ്യകാരൻ അമിനീ ഭാവത്തെ കുറിച്ച് പറയുന്നത് എവിടെയാണോ ഈ സംഗതി കാരികയിൽ വന്നത് അതിനെ വ്യാഖ്യാനിച്ചു അത്രയേ ഉള്ളൂ എന്തുകൊണ്ടത് ഗൂഢപാതാചാര അതിനെ വ്യാഖ്യാനിച്ചു അപ്പോ വ്യാഖ്യാനിക്കാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വഴി കന്മയർത്ഥമായി സ്വന്തം സിദ്ധാന്തമാണെങ്കിൽ എന്ത് വേണം ഓരോ വർഷങ്ങളിൽ അതിനെ ഖണ്ഡിക്കും അതിനെ സമർപ്പിക്കുന്നു അതിനുള്ള ഭാഷയെല്ലാം ചെയ്യും പദാർത്ഥോക്തി വിഗ്രഹവും വാക്യോജന ആക്ഷേപച്ച സമാധാനം ഇത്രയും എല്ലാം ഒന്നാണ് അത് വ്യാഖ്യാനത്തിലും അപ്പോൾ ആക്ഷേപ സമാധാനത്തിലൂടെ സ്ഥാപിക്കുന്നതാണ് സിദ്ധാന്തം കാരണം ഉപാസന സാന്തോലിത്തിലൊക്കെ ആദ്യം വരുന്ന കുറേ ഉപാസന ഭാഗങ്ങൾ ഉദ്ഗീത ഉപാസന പോലുള്ള കാര്യങ്ങൾ ഈ ഉദ്ഗീത ഓം ഹിന്ദി ഗീതം ഉപാസീത എന്നൊക്കെ പറഞ്ഞു വരുന്ന ഭാഗം ബൃഹദാരണ്യത്തിന്റെ തുടക്കക്ക ഉപാസന അതൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഭാഷ്യക്കാരൻ ഇതൊക്കെ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞാൽ അതെല്ലാം ഭാഷ്യക്കാരുടെ സിദ്ധാന്തമാണ് എന്തുകൊണ്ട് ഇതൊക്കെയാണ് സിദ്ധാന്തം എന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം കൂടുതലക്ഷത്തെ ഉന്നയിച്ച് അതിനെ ഖണ്ഡിച്ച് സിദ്ധാന്തമായി അതിൽ നിന്ന് സമർപ്പിച്ചിട്ടുണ്ട് ഉപാസന എന്താണ് ശുദ്ധി അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു അത്ര മറിച്ച് പലയിടത്തും അതിനെയൊക്കെ എന്താണ് ഫലങ്ങൾക്ക് വേണ്ടിയുള്ളതുകൊണ്ട് അതൊക്കെ നിരാകരിച്ചിട്ടുണ്ട് അങ്ങനെ നിഷേധിക്കുന്നു പശുവിന് വേണ്ടിയുള്ള പോലെ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഉപാസന അതിനു വേണ്ടിയുള്ള ഉപാസന ഇതിനു വേണ്ടിയുള്ള അപ്പൊ സിദ്ധാന്തം എന്ന് പറയുമ്പോഴത്തേക്ക് അന്യം നമ്മുടെ വിശദമായിരിക്കും അങ്ങനെ വൈകാതിരിക്കുമ്പോ ഭാഷകാരന്റെ അഭിപ്രായം എന്താണ് പദാർത്ഥ ജ്ഞാനം അതിലൂടെ ഉണ്ടാകുന്നത് വാക്കാർത്ഥത്തിനാണ് ആ വാക്യാർത്ഥാനത്തിനപ്പുറം മനസ്സിന്റെ അഭിനീഭാവത്തിന് വേണ്ടിയുള്ള അഭ്യാസങ്ങൾ ഭാഷകാരൻ്റെ താല്പര്യത്തിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോ ഞാൻ നേരത്തെ ചോദ്യത്തെ ചോദ്യം പിന്നെന്താണ് എന്താണ് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് ഇനി എന്താണ് തത്വജ്ഞാനം ഉണ്ടായതിനു ശേഷം ഇങ്ങനെയുള്ള ഈ അമിനീ വേണ്ടി ഇതാണ് അദ്വൈത ബോധമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പോരാ അദ്വൈത ബോധമുള്ള ഒരാളെ അമിനീ ഭാവത്തിനു വേണ്ടി ശ്രമിക്കാം ഏ അദ്വൈത ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരാചാര്യർ പറഞ്ഞതാണ് അദ്വൈത ബോധം ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് മനസ്സിലായത് ശങ്കരാചാര്യർ പറഞ്ഞ് നമ്മള് മനസ്സിലാക്കിയിരിക്കുന്ന അദ്വൈതബോധം അത് തന്നെ എടുക്കണം ഭക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ ദ്വൈതബോധം ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് കർത്തവ്യാന്തരം നസ്തി മറ്റൊരു കർത്തവ്യം ഇല്ലാന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുക്കണം മുക്തിക്ക് കർത്തവ്യം ഇല്ല വിദ്യാ കർത്തവ്യം കർത്തവ്യമായിട്ട് എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യണമെന്നോ ഏ ശരി അവർ പറയൂ അതും ചിന്തിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ പറയുന്ന അമനീ ഭാവം എന്ന് പറയുന്നത് ഒരു കർത്തവ്യം എന്നുള്ള എനിക്ക് ചെയ്യേണ്ട പിന്നെ സ്വാഭാവികമായിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാവുന്ന തത്വജ്ഞാനിയുടെ സ്വഭാവം എന്തായിരിക്കും ആ സ്വഭാവം അനുസരിച്ച് തന്നെ ചെയ്യേണ്ടത് ത്തിനു മുമ്പ് ചിത്തവൃത്തി നിരോധത്തെ ഒരു സാധനമായി സ്വീകരിച്ചു ശരി അപ്പോൾ തത്വജ്ഞാനത്തിന് മുമ്പ് ശ്രദ്ധിച്ചു മനസ്സിലാക്കും തത്വജ്ഞാനത്തിന് മുമ്പ് ഒരാള് ചിത്തവൃത്തി നിരോധത്തെ സാധനമായി സ്വീകരിച്ചു ശരി ചിത്തവൃത്തി നിരോധം തത്വജ്ഞാനം ഉണ്ടാവും അപ്പോൾ അയാളുടെ ചിത്തവൃത്തി നിരോധത്തെന്തു നേരിട്ടുത്തരം പറയുന്നു അല്ല ഉത്തരം പറയണം നേരിട്ട് വേറെ എന്താണ് ചോദ്യം തത്വജ്ഞാനത്തിന് വേണ്ടി ഒരാള് അതിന് മുമ്പ് അയാൾ ചിത്തവൃത്തി നിരോധത്തെ സ്വീകരിച്ചു അല്ല അതിന് മുമ്പ് വേണ്ടിയല്ല അപ്പോ അയാൾക്ക് മനസ്സിലായി ഭാഷ മനസ്സിലായി ചിത്തവൃത്തി നിരോധം കൊണ്ട് തത്വജ്ഞാനം ഉണ്ടാകത്തില്ല അപ്പോ ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്ന ഞാൻ ചോദിച്ചു ചോദ്യത്തിന് ഉത്തരം അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കരുത് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അറിഞ്ഞുകൊണ്ട് മറച്ചു വയ്ക്കരുത് അയാൾക്ക് മനസ്സിലായി എന്താണ് ഈ ചിത്തവൃത്തി നിരോധം കൊണ്ട് തത്വം ഞാനും ഉണ്ടാകത്തില്ല അപ്പോ ചിത്തവൃത്തി നിരോധത്തെ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിച്ചു ഏ കേട്ടില്ല ഏ ഞാൻ ചോദിച്ചതിന് ഉത്തരം ഞാൻ എനിക്ക് എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു അതുകൊണ്ട് കേട്ടില്ല കേട്ടില്ല എനിക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റില്ല അതായത് തത്വജ്ഞത്തിന്റെ മനസ്സിലാക്കി അതായത് ഇപ്പൊ ഒരാൾ വേറൊരു കുറച്ചുകൂടെ വയ്ക്കാൻ കാരണം ഒരാൾ വിചാരിക്കുന്നു കർമ്മങ്ങൾ ചെയ്താലാണ് മോക്ഷം കിട്ടുന്നത് ഭാഷ്യം മനസ്സിലാക്കി ഭാഷ്യം മനസ്സിലാക്കി അപ്പോ അയാണെന്ത് മനസിലാക്കി കർമ്മം കൊണ്ട് മോക്ഷം കിട്ടത്തില്ല എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഉപാസനങ്ങൾ ചെയ്തു അപ്പോ ഭാഷ്യത്തിൽ അയാൾ മനസ്സിലാക്കി കർമ്മം കൊണ്ടോ ഉപാസനം കൊണ്ടോന്നും എന്താ വരുന്നു ഇത് സാധിക്കാൻ പറ്റില്ല എന്നുള്ള ധർമ്മങ്ങളെയും വാസനങ്ങളെ സംബന്ധിച്ച് അയാൾ എന്ത് നിലപാട് സ്വീകരിക്കും അത് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കുന്നത് അയാളെന്ത് ചെയ്യും അതായത് ഉപേക്ഷിക്കും അതുകൊണ്ട് കിട്ടത്തില്ല പിന്നെ എന്ത് ചെയ്യും എന്താണ് ഇതിന് ഉപായം ചിന്തിക്കും എന്താണ് ഇതിന് ഉപായം അപ്പോ ഈ പറയുന്ന തത്വജ്ഞാനത്തിന് ഉപയോഗമായിട്ട് എന്താ പറയുന്നത് ശ്രവണം അല്ലേ അതാണ് ഭാഷകാരം പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഛർദ്ദിച്ചു കഴിഞ്ഞ വസ്തുവിന് എന്തിനില്ല വീണ്ടും ഭക്ഷിക്കത്തില്ല അപ്പൊ എന്താണോ അത് ഫലപ്രദമാകില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചത് അതിന് എന്താണോ വീണ്ടും സ്വീകരിച്ചിട്ട് കാര്യമൊന്നും ഇല്ല വേണ്ട അത് വേണ്ടെന്ന് ഉപേക്ഷിച്ചു കഴിഞ്ഞു മുമ്പ് സ്വീകരിച്ചതൊക്കെ ശരിയായി പക്ഷെ അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സ്വീകരിക്കേണ്ട കാര്യമില്ല പിന്നെ വീണ്ടും അതങ്ങനെ സ്വീകരിക്കും ഈ തത്വജ്ഞാനത്തെ കുറിച്ചുള്ള എന്താണ് തത്വജ്ഞാനം എന്നുള്ള വ്യക്തത അതിൽ അവ്യക്തതയുണ്ടെങ്കിൽ തത്വന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഓരോന്നു ചിലപ്പോ എന്ത് ചെയ്യാം മനോദശം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാം ഭാഷകാരൻ പറയുന്ന തത്വവിജ്ഞാനം എന്താണെന്നുള്ള വ്യക്തത അയാള് സ്വയം തന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കുന്നത് താൻ കൃതകൃത്യനാണ് പിന്നെ അയാളുടെ മുമ്പിൽ എന്ത് വരുന്നു കർത്തവ്യം ഉള്ളായിട്ട് യാതൊന്നും തന്നെയില്ല പിന്നെ ആകെ വരുന്ന എന്താണ് ബാധ്യത അനുഭൂതി എന്ന് പറയും സംഭവിക്കാവുന്നതാണ് ഏ എങ്ങനെ ആ ഹാബിറ്റ് എന്ന് പറയുന്നത് എന്താണ് പിന്നെ നിങ്ങൾക്ക് തത്വജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് കണ്ടുപിടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു തത്വജ്ഞാനത്തിന് വേണ്ടി നിങ്ങളത് ഉപേക്ഷിച്ചു തത്വജ്ഞാനം വന്നു കഴിഞ്ഞതിന് ശേഷം പഴയ ഹാബിറ്റ് എന്നുള്ള വീണ്ടും തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു അങ്ങനെയാണ് പലരും തത്വജ്ഞാനികളിപ്പോ അതങ്ങാ പറയുന്നത് പിന്നെ അതാണ് ഉപേക്ഷിച്ചാണെങ്കിലും എന്താണ് പഴയ ഹാബിറ്റാണ് തുടരുന്നത് അങ്ങനെ തുടരത്തില്ല എന്തുകൊണ്ട് അയാളിതൊക്കെ ഉപേക്ഷിക്കുന്ന വിവേകം കൊണ്ടാണ് വിവേകം കൊണ്ട് പരിത്യജിച്ച ഒന്ന് പിന്നെ അയാൾ വിവേകമുണ്ടായതിനു ശേഷം പിന്നെ ഈ പറയുന്നതുപോലെ വീണ്ടും സ്വീകരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല അതിന് യാതൊരു സാധ്യതയും പിന്നെ അയാൾക്ക് പരമാവധി തുടരാമെന്ന് പറയുന്നത് എന്താണോ അയാൾ ഉപേക്ഷിച്ചതിന് ശേഷം സ്വീകരിച്ച ജ്ഞാനസാധന എന്താണത് ശ്രവണം അത് തുടരാം കാരണം മറ്റേ കഴിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എന്തെല്ലാം ചെയ്തിരിക്കും അങ്ങനെ നിങ്ങൾ പറയുകയാണ് പഴയ എന്ന് പറഞ്ഞാൽ ഈ സിദ്ധാന്തം അനുസരിച്ച് തന്നെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിരുന്നു ജന്മം കഴിക്കുന്നതിനെല്ലാം മാസങ്ങൾ അടിച്ചുകൂടിയിരിക്കുന്നു അപ്പൊ അതൊക്കെ ചിന്തിച്ചു വരും അത് ഇത് സുരേഷ്വരാചാര്യ അതായത് എങ്ങനെയാണോ ഒരാള് ഇവിടെ എന്താണോ പമ്മനാഥ് ദർശനം ചർച്ച പക്ഷി എന്ന് പറയുന്ന പോലെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒന്നും തന്നെ തിരിച്ചെടുക്കുന്ന ഒരു പ്രശ്നം എന്തുകൊണ്ട് അതാണ് വിവേകവും പോലെ ദൃഢമായ വിവേകമായ പിന്നെ അത്തരം അഭ്യാസം നോക്കുന്ന യാതൊരു സാധ്യതയിൽ സാധിക്കുന്ന കാര്യ പക്ഷെ മാണ്ഡ്യക്യകാരികയിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് അങ്ങനെ അത് ലൂഢോപാതായ അഭിപ്രായം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ശങ്കരായ അഭിപ്രായം ലൂഢപാധായകൻ്റെ അങ്ങനെ ഒരു അഭിപ്രായം അതിന് പ്രധാനമായ കാരണം ബൗദ്ധത്തിന്റെ സ്വാധീനം കൂടുതലുള്ളതുകൊണ്ടാണ് അതിൽ നിന്ന് കുറെ കൂടെ കാലം കഴിഞ്ഞിട്ടാണ് ശങ്കരാചാര്യ പ്രാവശ്യം അപ്പൊ ശങ്കരാചാര്യന്റെ ആ സ്വാധീനം കുറിച്ച് പറഞ്ഞു കുറഞ്ഞത് കൊണ്ട് അവിടെ കൃതകൃത്യതെന്ന് പറയുന്നു ശരിക്കും എന്താണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് കൃത്യം മനസ്സിലാക്കുന്നിടത്ത് പിന്നെ അവിടെ വാദങ്ങളൊക്കെ അവസാനിക്കുന്നു ഇതാണ് നമ്മുടെ ഏതൃഭാഗം വരത്തില്ല എതിർഭാഗത്തിൽ യാത്ര സാധ്യതയില്ല മറ്റേ നമ്മൾ ഒരു വാദം ഉയർത്തുന്നത് കേവലം ഛലം എന്നുള്ള രീതിയിലാണ് തർക്കത്തിൽ മറ്റും ഉപയോഗിക്കുന്ന ഛലം എന്തുകൊണ്ടാണ് നമുക്കറിയാൻ കാര്യം എന്താണോ എന്താന്ന് പറഞ്ഞാലും നമ്മൾ പാലിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും അവിടെ ഉപയോഗിക്കൊന്നു അതിനകത്ത് എന്താ ഏ ചോദ്യം തെറ്റെന്ന് ഞാൻ ഇങ്ങനെ പറയത്തില്ലല്ലോ അതോ ചോദ്യത്തിനുള്ള ചോദ്യം തെറ്റെന്ന് തന്നെയാണ് പറയുന്നത് ചോദ്യം ചെയ്യാൻ തന്നെയാണ് ചോദ്യത്തിന് വിടെ ഭക്ഷണോ ഒരുപാട് പൂർവക്ഷ വിചാരോപിച്ചു കൊണ്ടുവന്ന് സമ്മർദ്ദിച്ചത് കാര്യം ഇതാണ് തന്റെ നിലപാടെന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഭാഷയത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കു പറയും മുഖ്യ ആശയം എന്ന് പറയും ഭക്ഷ്യത്തിന്റെ മുഖ്യ ആശയം ഒരുപാട് ആശയങ്ങൾ ഉപാസനങ്ങളെ കുറിച്ച് പശുവിന് വേണ്ടി എന്ത് ചെയ്യണമെന്നും ഭാഷയുണ്ട് പശു കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും പുത്രൻ ഉണ്ടാകാൻ എന്ത് വേണോ എന്നുള്ളതും ഭാഷ്യമുണ്ട് അതൊക്കെ ഭാഷ്യത്തിന്റെ മുഖ്യാശയം നടക്കാൻ പറ്റും മുഖ്യാശയം പക്ഷുകാരൻ സമർത്ഥിച്ചതിൽ തന്നെ കൊണ്ടുവന്നു ഇപ്പോൾ എന്താണ് പക്ഷുകാരൻ പറയുന്നത് ത്യാഗ വൈരാഗ്യങ്ങളോടുകൂടി വിജ്ഞാനസന്തതി എന്നാണ് പറയുന്നത് ഏത് ജ്ഞാനമാണോ താൻ പ്രാപിച്ചത് ആ ജ്ഞാനം അതിനൊരു മനുഷ്യജീവിക്കുക എന്നാണോ നിയന്തവ്യാഭവതി അതിന് അതിനെ നിയമനം ചെയ്യുമെന്നു വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വിജ്ഞാനമാണോ താൻ ആർഹിച്ചത് അതിന് വിരുദ്ധമായ മറ്റ് വിജ്ഞാനങ്ങളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ അവിടെ ഭാഷകാർ പ്രധാനമായും ഉദ്ദേശിക്കുന്ന എന്താണ് കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയ ചിന്തകളിലേക്ക് വന്ന് വീണ്ടും കർമ്മങ്ങളിലേക്ക് ഉപാസനങ്ങളിലേക്കൊന്നും പോകരുത് അത് ശരിയാണോ തെറ്റാണോന്നുള്ളത് ഞാൻ പറയുന്നത് ഭാഷ ആശയമാണ് ഇതൊക്കെ ഒരു കാരണവശാലും നിങ്ങളെന്റെ ആശയമാണെന്നോ ഞാനൊരു ഗുരുവായിട്ട് ഉപദേശിക്കുന്നു എന്നൊന്നും ഒരിക്കലും തിരിച്ചറിച്ച് കളയരുത് അങ്ങനെ യാതൊരു വിവരം കേടുവേണ്ടിയില്ല ഇക്കാര്യത്തിൽ ലോകത്തൊരുപാട് വിവരമുണ്ട് എല്ലാ വിവരമുള്ള ആരുമില്ല അതുകൊണ്ട് എല്ലാ മനുഷ്യരിലും വിവരക്കേടുണ്ടാവും വിവരക്കേട്ടില്ലാത്ത ആരുമില്ല അങ്ങനെ ആരെയും കൂടെ കണ്ടിട്ടുണ്ടാവും ലോകത്തിലുള്ള എല്ലാ പേരും പറഞ്ഞാരും കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരാളില്ല ഒരാൾക്കൊന്നും സാധിക്കുക നമ്മളുടെ എല്ലാം വിവരമുണ്ടാവും വിവരക്കേട്ടുണ്ടാവും അപ്പം ഭക്ഷ്യത്തിന്റെ ആശയമനുസരിച്ച് പറയുക ഇനി ഞാൻ നേരത്തെ ചോദിച്ചു ചോദ്യം ബാക്കികളൊക്കെയാണ് ഏതാണ് ഈ ഭാഷ്യറിഞ്ഞ ഒരാളുടെ അമനസ്സാന്താ മനസ്സിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രമിക്കും എന്തുകൊണ്ട് ഭാഷകാരൻ എന്താണ് പറഞ്ഞത് മനസ്സിലാകാത്ത മനസ്സിലായതെങ്കിൽ എന്ത് ചെയ്യും ും അപ്പൊ ഈ മനസ്സിലാക്കിയോ എന്നുള്ളത് ഒരുപാട് ആഴമുള്ള ഒരു ചോദ്യമാണ് അല്ലേ ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്ന് കേട്ടുകഴിഞ്ഞാലും ഒരാൾക്ക് കാര്യം എന്താ എന്തൊക്കെയാണെന്ന് തോന്നുകയോ ഒന്നും മനസ്സിലാതിരിക്കില്ല പത്ത് മണി കേട്ടെ കുറിച്ചുകൂടെ തോന്നും അതുകൊണ്ട് കാര്യമായി കാഷാരം പറയുന്നത് എന്താണോ വളരെ സംശയരഹിതമായി സംശയരഹിതമായി ബോധിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇന്ന കർമ്മ എന്ന പ്രജയ ധാന എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവിടെ തന്നെ കർമ്മം എന്ന് പറയുന്നിടത്ത് ഉപാസന ഇതൊക്കെ ഉപാസനകളാണ് മനസ്സിനെ വിലയിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉപാസനകള് അവനത്ര ഉപാസനകളിൽ നിന്നും അവനായി അതാണേ അല്ലാതെ ഇപ്പം നിങ്ങൾ എന്താണ് എന്തെങ്കിലും ഭാവന ലോകത്തിൽ ഇരുന്നുകൊണ്ട് മനസ്സിനെ അത് ചെയ്യാനും ഇത് ചെയ്യാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമുക്കതൊക്കെ ആകാം പക്ഷെ ഒരിക്കലും പറയുന്നുണ്ടാണോ അദ്വീതം ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാലും പറയുന്നത് അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നാണ് എന്റെ അഭിപ്രായം അല്ല പിന്നാരുടെ അഭിപ്രായം ഭാഷകാരന്റെ അഭിപ്രായം എന്റെ ഇതിന്റെ ഇടയ്ക്ക് ഉള്ളവരുണ്ട് ഞാൻ എന്ത് ഞാൻ തുടങ്ങിയ ദിവസം പറഞ്ഞിട്ടെന്ന് എനിക്ക് എന്താണ് എനിക്ക് എന്തൊപ്പിലിരിക്കുന്ന ഈ മൈക്കിന്റെ സ്ഥാനമേ ഉള്ളൂ ഇത് പറഞ്ഞിട്ടാ ഞാൻ തുടങ്ങിയത് എത്ര പക്ഷം പറഞ്ഞു ഏ ഇന്നും അങ്ങനെ യാതൊരു മാറ്റമില്ല അതുകൊണ്ടാണ് ഞാൻ എന്താണ് ഇതെല്ലാം നിങ്ങൾ പരിചയപ്പെടണമെന്ന് പറയുന്നത് യോഗമായാലും സംഘ്യമായാലും അദ്വൈതമായാലും വിശിഷ്ടാദ്വീതമായാലും ഇപ്പൊ വിശിഷ്ട അദ്വൈതം മനസ്സിലാക്കിയാൽ പിന്നെ വിശിഷ്ടാദ്വീതം മനസ്സിലാക്കാൻ പാടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് പാടില്ല അദ്വൈതമെന്ന് പറയുന്നത് സംഗ്രഹായാണെങ്കിലും വിശിഷ്ടാദ്വീതം സാമാന്യാണ് വൃദ്ധ വ്യത്യാസം നമ്മളെവിടെ സമ്പ്രായം മനസ്സിലാക്കുന്നു അതെന്താ നമ്മൾ മനസ്സിലാക്കാനുള്ള ആംപിയുണ്ടെങ്കിൽ മനസ്സിലാകാം എന്തെങ്കിലും വേണ്ട ഇത്രയേ ഉള്ളൂ അത് മനസ്സിലാക്കാത്തവറ്റുമെങ്കിൽ മനസ്സിലാക്കാം അന അനപുറവൊന്നും ഇല്ല എന്തായാലും ഈ വേഷം കൂടി ഇങ്ങനെയൊക്കെ എന്തെയ്തു ഒത്തുകൂടി പറ്റുമെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാം വേറൊന്നും സാധിക്കാൻ ഇല്ല എന്നോട് എന്റെ ഈ വേഷം അതിന്റെ ഇതൊക്കെ മനസ്സിലാക്കാം ഇത്രയേ ഉള്ളൂ ഇതിന അതും വളരെ സിമ്പിളായി ഒക്കെയാണ് പിന്നെ വേറെ എന്തെങ്കിലും സാധിക്കാം കേട്ടോ ഉണ്ടെങ്കിൽ സമയമൊക്കെ താമസിച്ച് പോയി തലയൊക്കെ ഇനിയൊന്നും സാധിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ചെയ്യണം ഇതിനൊക്കെ തന്നെ മനസ്സിലാക്കും അതേ ഉള്ളൂ കുട്ടിയുടെ ഒരു നല്ല വഴിയാണ് അതുകൊണ്ട് അതിന് അത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഓർമ്മ അതുകൊണ്ട് ഇവിടെ ഈ പറയുന്നത് എന്താണ് അവിടെ നിന്ന് നമുക്ക് ഇത്രയും പോയത് അവിടെ ചിത്തവിശ്രാന്തി ആരോ ചോദ്യം ചോദിച്ച് ഞാൻ ഞാൻ പോയി വിചാരിച്ചോളൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ആ ചിത്തവിശ്രാന്തി എന്ന് പറയുന്നത് ഭാഷയൊക്കെ ഒരിടത്തും ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഉള്ളത് പണ്ടുക്കിയ കാരികയിലാണ് അതിന് ഗുണോബാധ അല്ലേ അഭിപ്രായമാണ് അങ്ങനെ പല ഭാഗത്തും ഭാഷക്കാരൻ ഭാഷ എഴുതിയിട്ടുണ്ട് സ്വന്ത സിദ്ധാന്തം എന്ന് പറയുമ്പോൾ അത് വളരെ വ്യക്തിയുക്തമായി സമ്മർദ്ദിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്